യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഒന്ന് മുപ്പതാം ആണ്ട് നാലാം മാസം അഞ്ചാം തീയതി ഞാൻ ഖെബാർ നദീ തീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്ന് ഞാൻ ദിവ്യദർശനങ്ങളെ കണ്ടു യഹോയാക്കിൻ രാജാവിന്റെ പ്രവാസത്തിന്റെ അഞ്ചാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം അഞ്ചാം തീയതി തന്നെ കൽതയദേശത്ത് കെബാർ നദീ തീരത്തു വെച്ച് ബൂസിയുടെ മകൻ യഹസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി യഹോവയുടെ കൈയും അവന്റെ വന്നു ഞാൻ നോക്കിയപ്പോൾ വടക്ക് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന് ീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർ പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു അതിന്റെ നടുവിൽ നാല് ജീവികളുടെ സാദൃശ്യം കണ്ടു അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യം ഉണ്ടായിരുന്നു ഓരോന്നിന് നന്നാല് മുഖവും ഉണ്ടായിരുന്നു അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെയും ആയിരുന്നു മിനുക്കിയ താമ്രം പോലെ അവ മിന്നിക്കുന്നു അവയ്ക്ക് നാലു ഭാഗത്തും ചിറകിന്റെ കീഴായി മനുഷ്യക്കൈ ഉണ്ടായിരുന്നു നാലിനും മുഖങ്ങളും ചിറകുകളും ഇങ്ങനെയായിരുന്നു അവയുടെ ചിറകുകൾ ഒന്നോടൊന്ന് തൊട്ടിരുന്നു പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുമ്പോട്ടു പോകും അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖം ഉണ്ടായിരുന്നു നാലിനും വലത്തുഭാഗത്ത് സിംഹമുഖവും ഇടത്തുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു നാലിനും കഴുക മുഖവും ഉണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ അവയുടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു ഈ രണ്ട് ചിറക് തമ്മിൽ തൊട്ടും ഈ രണ്ട് ചിറകുകൊണ്ട് ശരീരം മറച്ചും ഇരുന്നു അവരൊന്നും നേരെ മുമ്പോട്ടു പോകും പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിനു പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകും ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ച ഉണ്ടായിരുന്നു അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ആ തീ തേജസ്സുള്ളതായിരുന്നു തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു ഞാൻ ജീവികളെ നോക്കിയപ്പോൾ നിലത്ത് ജീവികളുടെ അരികെ നാലു മുഖത്തിനും നേരെ ഓരോ ചക്രം കണ്ടു ചക്രങ്ങളുടെ കാഴ്ചയും പണിയും പുഷ്പരാഗത്തിന്റെ കാഴ്ച പോലെ ആയിരുന്നു അവയ്ക്ക് ഒരു ഭാഷ തന്നെ ആയിരുന്നു അവയുടെ കാഴ്ചയും പണിയും ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രമുള്ളതുപോലെ ആയിരുന്നു അവയ്ക്ക് നാല് ഭാഗത്തേക്കും പോകാം തിരുവാൻ ആവശ്യമില്ല അവയുടെ വട്ട് പൊക്കമേറിയതും ഭയങ്കരവുമായിരുന്നു നാലിന്റെയും വട്ടുകൾക്ക് ചുറ്റും അടുത്തെടുത്ത് കണ്ണുണ്ടായിരുന്നു ജീവികൾ പോകുമ്പോൾ ചക്രങ്ങളും ചേരെത്തന്നെ പോകും ജീവികൾ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും പൊങ്ങും ആത്മാവിനു പോകേണ്ടയിടത്തൊക്കെയും അവ പോകും ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നതുകൊണ്ട് ചക്രങ്ങൾ അവയോടുകൂടെ പൊങ്ങും ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിൽ ആയിരുന്നതുകൊണ്ട് അവ പോകുമ്പോൾ ഇവയും പോകും അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും അവ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും അവയോടുകൂടെ പൊങ്ങും ജീവികളുടെ തലയ്ക്കുമീതെ ഭയങ്കരമായൊരു പളുങ്കുപോലെയുള്ള ഒരു വിധാനത്തിന്റെ രൂപം ഉണ്ടായിരുന്നു അത് അവയുടെ തലയ്ക്കുമീതെ വിരിഞ്ഞിരുന്നു വിദാനത്തിന്റെ കീഴെ അവയുടെ ചിറകുകൾ നേർക്കുനേരെ വിടർന്നിരുന്നു അതതിന്റെ ശരീരത്തെ ആ ഭാഗവും ആ ഭാഗവും മൂടുവാൻ ഓരോന്നിനും ഈരണ്ടുണ്ടായിരുന്നു അവ പോകുമ്പോൾ ചിറകുകളുടെ ഇരച്ചിൽ വലിയ വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും സർവശക്തന്റെ നാദം പോലെയും ഒരു സൈന്യത്തിന്റെ ആരവം പോലെയുമുള്ള മുഴക്കമായി ഞാൻ കേട്ടു നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും അവയുടെ തലയ്ക്കുമീതയുള്ള വിധാനത്തിന്മേൽ നിന്ന് ഒരു നാദം പുറപ്പെട്ടു നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും അവയുടെ തലയ്ക്കുമീതയുള്ള വിധാനത്തിനുമീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിനുമീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവുമുണ്ടായിരുന്നു അവന്റെ അര മുതൽ മേലോട്ട് അതിനകത്തു ചുറ്റും തീക്കൊത്ത ശുക്ലസ്വർ പോലെ ഞാൻ കണ്ടു അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു അതിന്റെ ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെ ആയിരുന്നു ഈ ഹോവിയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത് അത് കണ്ടിട്ട് ഞാൻ കവണ്ണു വീണു സംസാരിക്കുന്ന ഒരു തന്റെ ശബ്ദവും ഞാൻ കേട്ടു